ഫിർ അവൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചോ നിങ്ങൾക്ക് മാന്ത്രികവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ നേതാവാണ് അദ്ദേഹം ഉടനെ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങളുടെ കൈകളും കാലുകളും വിപരീത ദിശയിൽ ഞാൻ മുറിച്ചുമാറ്റും നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്രൂശിക്കുകയും ചെയ്യും